മുഹമ്മദ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തന്റെ ചില ഭാര്യമാരിൽ ഒരാളോട് ഒരു രഹസ്യം പറഞ്ഞപ്പോൾ അവളത് മറ്റുള്ളവരെ അറിയിച്ചു അള്ളാഹു സുബാനഹു വയാല അത് അദ്ദേഹത്തിന് വെളിപ്പെടുത്തിക്കൊടുത്തു അദ്ദേഹം അതിൽ ചില കാര്യങ്ങൾ അറിയിക്കുകയും ചില കാര്യങ്ങളിൽ നിന്ന് വിമുഖത കാണിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം അവളോടത് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു ഇത് നിങ്ങൾക്ക് ആരാണറിയിച്ചു തന്നത് അദ്ദേഹം പറഞ്ഞു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമായവൻ എനിക്കത് അറിയിച്ചു തന്നു